അവർ നിന്നോട് വിധി ചോദിക്കുന്നു പറയുക സന്താനങ്ങളോ മാതാപിതാക്കളോ ഇല്ലാത്തവരുടെ കലാല അനന്തരാവകാശത്തെക്കുറിച്ച് അള്ളാഹുസുബാനഹൂവത്തയാല നിങ്ങൾക്ക് വിധി പറഞ്ഞു തരുന്നു ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിനൊരു സഹോദരി ഉണ്ടെങ്കിൽ അദ്ദേഹം വിട്ടുപോയതിൻറെ പകുതി അവൾക്ക് ലഭിക്കും അവൾക്ക് സന്താനങ്ങൾ അദ്ദേഹം അവളുടേത് അനന്തരാവകാശമായി ലഭിക്കും അവർ രണ്ട് സഹോദരിമാരാണെങ്കിൽ വിട്ടുപോയതിൻറെ മൂന്നിൽ രണ്ട് ഭാഗം അവർക്ക് ലഭിക്കും അവർ പുരുഷന്മാരും സ്ത്രീകളുമായ സഹോദരങ്ങളാണെങ്കിൽ ഒരു പുരുഷന് രണ്ട് സ്ത്രീകളുടെ വിഹിതത്തിന് തുല്യമായ വിഹിതം ലഭിക്കും നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ അള്ളാഹുസുബഹാനഹുവത്തായാല നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരുന്നു അള്ളാഹുസുബഹാനഹുവത്തായാല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാകുന്നു